ഒന്ന് കൊരിഞ്ചർ അതിൻ്റെ അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം ഒന്ന് കൊരിഞ്ചർ പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം ഇരുപത്തി ഒന്ന് മുതൽ അവസാനത്തെ ആ പാരഗ്രാഫ് ഒന്ന് കൊരിന്തിയർ പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ പൗലോസായ കൈയാൽ വന്നനും കർത്താവിനെ സ്നേഹിക്കാത്തവനേവൻ ക്ഷമിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം ആമേ പൗലോസ് കൊരിന്തിയർക്ക് ഒരു ലേഖനം എഴുതി അവസാനിപ്പിക്കുക ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താന് ആർക്കാണോ ലേഖനം എഴുതുന്നത് ആ ആളുകളെക്കുറിച്ചുള്ള ചിന്ത തൻ്റെ മനസ്സിലുണ്ട് കൊരിന്തെന്ന് പറയുന്ന ആ പട്ടണം അന്നത്തെ കാലഘട്ടത്തിലെ വളരെ ദുർമാർഗമുള്ള വളരെ തെറ്റായ നിലയിൽ നടക്കുന്ന ജീവിതവിശുദ്ധിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ആളുകളാൽ നിറഞ്ഞിരുന്ന ഒരു പട്ടണമായിട്ടാണ് കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് പറയുന്നത് അന്ന് ആളുകളെ ആക്ഷേപിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഒരു സഭ അവിടെ രൂപപ്പെട്ടു ആ സഭയ്ക്ക് ആ സഭയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തമുള്ള ആളെന്നുള്ള നിലയിൽ അപ്പൊസലിനായ പൗലോസ് കത്തെഴുതുകൾ രണ്ട് കത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് കോരിന്തിയർ രണ്ട് കോരിന്ത്യർ എന്നിങ്ങനെ രണ്ട് കത്തുകൾ ഇതിലെ ഒന്നാമത്തെ കത്ത് അത് വളരെ ദീർഘമായ ഒരു കത്താണ് പതിനാറ് അധ്യായങ്ങളുള്ള ആ കത്ത് എഴുതി അവസാനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് ഒരു കാര്യം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അത് കേവലം സാധാരണ ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞ് ആ ശരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ തുടങ്ങുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ചില നിലയിലുള്ള വാക്കുകളാണ് പറയുക അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ തുടക്കവും ഒടുക്കവും നമ്മൾ അങ്ങ് ഒഴിവാക്കാറുണ്ട് കാരണം അവിടെ വലിയ ആത്മീയ ചിന്തയ്ക്കൊന്നും സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞ് ലേഖനങ്ങളുടെ തുടക്കത്തിലെ വാക്യങ്ങളും ഒടുക്കലത്തെ വാക്യങ്ങളും പലപ്പോഴും നമ്മൾ ഒഴിവാക്കും അകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആത്മീയതയുമായിട്ട് ബന്ധമുള്ള നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ട് സ്പർശതയുള്ള വാക്യങ്ങളൊക്കെയാണ് നമ്മളെടുത്ത് പലപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യാസമായിട്ട് ഈ വാക്യങ്ങൾ നോക്കാം പൗലോസ് കുരിന്തർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന ആ പാരഗ്രാഫിൽ പറ പൗലോസ് പറയുകയാണ് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്ന് പറഞ്ഞ് ഒടുവിൽ ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹം ആമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നാം അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ലേഖനങ്ങൾ എഴുതുന്നതിനെക്കുറിച്ചും ചിന്തിച്ചാൽ പൗലോസൊക്കെ എങ്ങനെയാണ് ലേഖനം എഴുതിയിരുന്നത് പൗലോസ് എങ്ങനെയാണ് ലേഖനം എഴുതിയിരുന്നത് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പൗലോസ് തന്നെ ഈ ലേഖനം മുഴുവൻ എഴുതി എന്നാണോ നമ്മൾ കരുതുന്നത് നമ്മൾ റോമർ എഴുതിയ ലേഖനത്തിൽ നമുക്കൊരു വാക്യം നോക്കാം റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് റോമർ പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു ഈ പതിനാറാം അധ്യായവും റോമർ പതിനാറാം അധ്യായവും നമ്മളങ്ങനെ വലുതാ വലിയ ഗൗരവമായിട്ട് ചിന്തിക്കാത്ത അധ്യായമാണ് കാരണം എന്താ അതും ഇന്നാളിന്നാളെ വന്ദനം ചെയ്യുന്നു ഞങ്ങൾ പലരെ പലരെ വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആളുകളുടെ ആ സഭയിലുള്ള റോമിലുള്ള പലരുടെയും പേരുകളെടുത്ത് പറഞ്ഞ് അങ്ങനെ വന്ദനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു അധ്യായമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മളിപ്പോൾ വായിച്ച വാക്യം കണ്ടോ നമ്മളെന്താണ് വായിച്ചത് ഇങ്ങനെ എല്ലാവർക്കും വന്ദനം എഴുതി വന്ദനം എഴുതി വന്ദനം എഴുതി വരുമ്പോൾ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ ലേഖനം എഴുതിയ തെർത്തോസ് തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്നതും ചെയ്യുന്നു ഷേ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ലേഖനം ആരെഴുതിയെന്നാണ് പൗലോസ് എഴുതിയെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പൗലോസ് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം എന്നാണ് അതിൻ്റെ തലക്കെട്ടി കണ്ടത് എന്നാൽ ഇവിടെ ഇവിടെ ഈ ലേഖ ഈ ലേഖനത്തിൻ്റെ ഈ ഭാഗത്ത് ഒരാൾ കടന്നു വന്നിട്ട് പറയാം ഈ ലേഖനം എഴുതിയത് വേറെ ആരുമല്ല ഞാനാ ഞാനാ തെർത്തോസാണ് ഈ ലേഖനം എഴുതിയത് ആ തെർത്തോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ എനിക്ക് ഒരു തകരാറുള്ള പോലെ തോന്നുന്നില്ലേ പക്ഷേ തകരാറൊന്നുമില്ല എന്താ സംഭവം ഈ തെർത്തോസ് തെർത്തോസിൻ്റെ ആശയങ്ങളല്ല ഇതിൽ എഴുതിയിരിക്കുന്നത് തെർത്തോസ് ആരാണ് അന്ന് പറഞ്ഞുകൊടുത്ത് എഴുതുന്ന ഒരു സ്ക്രൈബ് മാത്രമാണ് അദ്ദേഹം അന്ന് അന്നത്തെ ഒരു രീതി പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് അന്ന് പൗലോസ് ഒരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തന്നെ ആദ്യം മുതൽ അവസാനം വരെ എഴുതി തീർക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് മറിച്ച് എന്താ താൻ തൻ്റെ ഒരു സഹപ്രവർത്തകൻ തെർത്തോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരാളാണ് നമുക്കറിയില്ല ഏതായാലും നന്നായിട്ട് എഴുതാനൊക്കെ വശമുള്ള ഒരാൾ അങ്ങനെ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ തെർത്തോസ് എന്തോ ചെയ്യുന്നു വള്ളി പുള്ളി വിടാതെ അതെല്ലാം പകർത്തി എഴുതുന്നു പകർത്തി എഴുതി അങ്ങനെ എഴുതിയാണ് ഈ ലേഖനങ്ങളെല്ലാം പല സഭകൾക്ക് അയക്കുന്നത് ഈ ലേഖനം എഴുതുന്ന ആളുകൾ പലപ്പോഴും ഇതിൻ്റെ അകത്ത് അങ്ങ് മറിഞ്ഞിരിക്കുക ആരാ എന്ന് നമുക്കറിഞ്ഞുകൂടാ ആകെ പാടം ഇപ്പം നമ്മൾ കണ്ടതാ എവിടെയാണ് ഒരു റോമർക്ക് എഴുതിയ ലേഖനത്തെ മാത്രമാണ് എല്ലാവരെയും വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ആ ഉത്സാഹത്തിൽ തെർത്തോസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തെർത്തോസും വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും കൂടെ അങ്ങ് വന്ദനം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് തെർത്തോസും കൂടെ സ്വന്തം നിലയിൽ കയറി ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈ ലേഖനം എഴുതിയ ഞാനും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു എന്നങ്ങ് പറഞ്ഞതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ പ്രിയപ്പെട്ടവർ അന്നത്തെ ഒരു രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നതാണ് ആ അവിടെ പൗലോസിനെപ്പോലൊരാൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സഭയെക്കുറിച്ചുള്ള ഭാരം ആ ഭാരം താൻ പറഞ്ഞു കൊടുക്കുന്നു നിർത്തി നിർത്തി പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരാളത് കേട്ടെഴുതുന്നു അങ്ങനെ കേട്ടെഴുതി മുന്നോട്ട് വന്നതാണ് ഈ ലേഖനങ്ങളെല്ലാം ഇങ്ങനെ ആണ് ലേഖനങ്ങൾ എഴുതുന്നതെങ്കിൽ ഇവിടെ ഇതാ ഒടുവിലത്തെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം ഒന്ന് കൊരിഞ്ചർ പതിനാറിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ കണ്ണിയെ വന്നപ്പം പൗലോസ് പറയുക പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം അപ്പം എന്തായിരിക്കാം ഇതുവരെ സംഭവിച്ചത് ഇതുവരെ തെർത്തോസോ അല്ലെങ്കിൽ ആരോ ഒരാൾ കേട്ടെഴുതിക്കൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരുന്നപ്പം എഴുതി ലേഖനം അവസാനിപ്പിക്കുന്ന ഘട്ടം വന്നപ്പം പൗലോസ് എന്തോ ചെയ്തു ആ പേന ഇങ്ങോട്ട് വാങ്ങിച്ച് പേനയാണോ എഴുത്തുകോൽ എന്ന് നമ്മൾ കാ കാണുന്നുണ്ടല്ലോ അന്നത്തെ രീതി എന്താണ് അത് ചർമ്മലിഖിതങ്ങളാണോ അതോ കടലാസിൽ എഴുത്തുകോൽ കൊണ്ട് എഴുതുന്ന രീതിയാണോ എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ ഏതായാലും അവസാന ഘട്ടമായപ്പോൾ പൗലോസ് എന്ത് ചെയ്തു പൗലോസ് ആ ലേഖനം എഴുതിക്കൊണ്ടിരുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ആ എഴുത്തുകോലിങ്ങോട്ട് വാങ്ങിയിട്ട് താന് അവസാനത്തെ പാരഗ്രാഫ് അങ്ങ് എഴുതുക പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്തിനാണ് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്നിങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവര് സാധാരണ കഴിവിയിൽ വലിയ പ്രസക്തിയില്ലാത്ത ആത്മീകമെന്ന് തോന്നാത്ത ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് ശ്രദ്ധിച്ചാൽ നമുക്കതിൽ നിന്നും ചില ആത്മീക പാഠങ്ങൾ പഠിക്കാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞു വന്നത് പൗലോസി ലേഖനങ്ങളൊക്കെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പലയിടത്തും എഴുതുന്നുണ്ട് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്തിനാണ് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് നമ്മൾ വാക്യങ്ങളെ വാക്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അത് രഹസ്യം കണ്ടെത്താനായിട്ട് കഴിയും രണ്ടത്തെ സ്ലോനിക്കർ മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം നോക്കുക രണ്ട് തെസ്ലോനിക്കാർ മൂന്നാമത്തെയായ പതിനേഴാമത്തെ വാക്യം പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം അവിടെയും ലേഖനം എഴുതി അവസാനിപ്പിക്കുക അപ്പോൾ പൗലോസ് പറയുക പൗലോസായ എൻ്റെ കയ്യാൽ എൻ്റെ സ്വന്തം കയ്യാൽ ഞാനിതെഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് വന്ദനം എന്നിട്ട് പറയുന്നു സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം ഇങ്ങനെ ഞാൻ എഴുതുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ കണ്ടോ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്ന് പറഞ്ഞിട്ട് താൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഇവിടെ തെസലോണിക്ക് ലേഖനം എഴുതുമ്പം താൻ വ്യക്തമാക്കുന്നുണ്ട് സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം അപ്പം ഇതൊരു ഇതൊരു സൈന പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്ന് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സാധാരണ അവസാനിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് പോലെയൊക്കെ അവസാനിപ്പിച്ചാൽ ആ ലേഖനം ആരുടേതാണ് അതെൻ്റെ ലേഖനം എന്തിനാണ് അങ്ങനെ പറയുന്നത് നമ്മൾ നോക്കുക അവിടെ അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് 2 രണ്ടത്തെ സ്ലോനിക്ക രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത് മനസ്സിലായോ പൗലോസ് പൗലോസ് തന്നെയാണ് പൗലോസിൻ്റെ സ്വന്തം ഒറിജിനൽ ലേഖനങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത ഇവിടെ വ്യക്തമാണ് അന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് പല സ്ഥലങ്ങളിലിരുന്ന് കാരാഗ്രഹത്തിലോ ദൂരെയോ ഒക്കെ ഇരുന്ന് ലേഖനങ്ങൾ എഴുതുന്നു പത്രോസ് ലേഖനങ്ങൾ എഴുതുന്നു ഈ ലേഖനങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവരികയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം തന്നെ സഭയിലെ ഈ മുന്നോട്ടുള്ള പോക്കിന് വിഘാതമായിട്ട് തടസ്സമായിട്ട് ചില കള്ള സഹോദരന്മാരൊക്കെ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കും അവരൊക്കെ ചിലപ്പോൾ എന്തു ചെയ്യും ചില വ്യാജലേഖനങ്ങൾ കൊണ്ടുവന്ന് വ്യാജലേഖനങ്ങൾ പൗലോസ് എഴുതാത്ത ചില ലേഖനങ്ങൾ പൗലോസ് എഴുതി എന്നുള്ള മട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ വായിച്ച് പാവപ്പെട്ട സൗരന്മാരൊക്കെ അമ്പരന്ന് പോവുകയും ദൈവത്തിൻ്റെ സത്യ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളോട് ചേർത്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം ഇവിടെ പറയുന്നു ഇവിടെ എന്താ പറഞ്ഞത് രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള വല്ല ലേഖനവും നിങ്ങളുടെ കയ്യിൽ കിട്ടിയേച്ച് നിങ്ങൾ ഞെട്ടിപ്പോകല്ലേ അതൊന്ന് പലതും ഞാൻ ഞങ്ങൾ എഴുതിയതല്ല എന്തുകൊണ്ട് അന്ന് ഇങ്ങനെ വ്യാജലേഖനങ്ങളും തെറ്റായ രീതിയിലുള്ള മറ്റൊരാൾ എഴുതിയ ലേഖനമെന്നുള്ള ഭാവേദന സഭകൾക്ക് ഇത്തരം ലേഖനങ്ങളുമൊക്കെ ആയിട്ട് ആളുകളിങ്ങനൊക്കെ നടന്നിരുന്നത് നമ്മൾ ഓർക്കണം ഇന്നത്തെ പോലെ ഒരു വേദപുസ്തകം അന്ന് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുള്ളവരുടെ കയ്യിലില്ല ദൈവവചനം എന്ന് നമ്മളിന്ന് വിളിക്കുന്ന ഈ ദൈവവചനം പൂർണ്ണമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല എ ഡി തൊണ്ണൂറ്റിയഞ്ചിലാണ് വെളിപ്പാട് പുസ്തകം എഴുതി പൂർത്തിയാകുന്നത് യോഹന പുതിയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം അപ്പം എ ഡി അറുപത്തി നാലിൽ ഈ പൗലോസെന്നു പറയുന്ന ആൾ ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെട്ടു അപ്പോൾ അതിനു മുമ്പൊക്കെയുള്ള കാലഘട്ടത്തിൽ ഈ തിരുവഴുത്ത് രൂപപ്പെട്ടു വരുന്നതേ അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഈ സത്യങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിയതുപോലെ അന്ന് കിട്ടിയിട്ടില്ല സഭകളിലുള്ള പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല പലതിനെക്കുറിച്ചും ഉദാഹരണത്തിന് സ്വർഗത്തിൽ പോകുന്ന ആരാണ് എന്നവർ ചിന്തിച്ചാൽ അവർ ചിലർ വിചാരിക്കും ആ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർ പോകും അപ്പോൾ തന്നെ എന്തോ വേണം പരിചേദനയോടെ ഏക്കണം പരിച്ഛേദന ഏക്കാതെങ്ങനെ പോകുന്നത് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ഈ ഹൂതന്മാരാ നമ്മൾ വായിച്ചിട്ടില്ലേ പരിചേദന വളരെ അത്യാവശ്യമാണ് എന്ന് വായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പരിചേദന ഇവിടെ വേണ്ടായോ അന്ന് നമ്മളിന്ന് നമുക്കിന്ന് സങ്കല്പിക്കാൻ ഒക്കാത്ത നിലയിലുള്ള വ്യത്യസ്തമായ പല തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളത് ആ കാര്യം വായിക്കുന്നുണ്ട് അപ്പൊ സ്വൽപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് അന്ന് ഈ പൗലോസൊക്കെ വളരെ ഗൗരവത്തോടെ പരിചേദനയ്ക്കെതിരെ നിന്നിരുന്നില്ലെങ്കിൽ എന്തുപറ്റി പോയേനെ ഏ ദയോ അങ്ങനെ അനുവദിക്കുകയല്ല പക്ഷേ ഇന്നും നമ്മളിത്രയും ഇരുപതാം നൂറ്റാണ്ടിൽ എത്തുന്ന നമ്മളും നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ഹുതന്മാരെ പോലെ പരിശോധന ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേനെ ദൈവം അത് ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് അതിനെത്ര എതിരായിട്ട് നിന്നു വിശ്വാസമല്ലാതെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യത്താൽ ഒരാളൊരു സ്വന്തം പ്രവൃത്തി കൊണ്ട് അവിടെ കടക്കുകയില്ല എന്ന് ദൈവം തനിക്ക് തന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ പൗലോസൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിന് എതിരാളികളുണ്ടായിരുന്നു എതിർ ചിന്തകളുള്ള ആളുകളുണ്ടായിരുന്നു അവർ അവരുടെ നല്ല ആശയങ്ങൾ അവരുടെ നല്ല ചിന്തകളൊക്കെ ആ പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങളായിട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കലർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ അതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താൽ നിങ്ങൾ ആരും എന്തു ചെയ്യരുത് ബോധം വിട്ട് ഞെട്ടിപ്പോകരുത് ഇളകിപ്പോകരുത് അവിടെ പറയുന്നത് ഒരു പക്ഷേ കർത്താവിൻ്റെ രണ്ടാം വരവ് ഇന്ന് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കുച്ചനാളി മുതൽ സൺഡേ സ്കൂളിലും അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ബൈബിൾ വായിച്ച് നമുക്ക് വളരെ വ്യക്തതയുണ്ട് പക്ഷെ അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ സഭ രൂപപ്പെട്ടു വരുമ്പോൾ ഈ നസ്രായനായ യേശു മരിച്ചു ഇവൻ വീണ്ടും രണ്ടാമത് വരും കാഹളം മുഴങ്ങും കർത്താവ് മേഘങ്ങളിൽ വരും സഭയെ ചേർക്കും കർത്താവ് വന്ന് ഈ നിലയിലുള്ള ആ നിലയിലുള്ള അന്തിന്യായ വിധി ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് എന്തായിട്ടില്ല വ്യക്തമായിട്ടില്ല വെളിപ്പാട് പുസ്തകവും അപ്പോഴെഴുതപ്പെട്ടിട്ടില്ല ഇവിടെ ഇതാ നോക്കുക എന്തിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് ഒന്ന് രണ്ട് തെസ്ലോനിക്കാർ രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം ചിലർ ആ കാര്യത്തിലും കർത്താവിൻ്റെ വരവ് സംബന്ധിച്ചും എന്തെല്ലാമോ കൺഫ്യൂഷൻ എന്തെല്ലാമോ ആളുകളുടെ ഇടയിൽ വേറെ ചിന്തകളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് പൗലോസ് പറയുന്നു ഞങ്ങൾ എഴുതുന്ന ലേഖനം മാത്രം നിങ്ങൾ വായിച്ചാൽ മതി ആവശ്യമില്ലാതെ വേറെ ആളുകൾ കൊണ്ടുവരുന്ന ലേഖനമൊക്കെ വായിച്ച് അത് ദൈവത്തിൻ്റെ തിരുവഴുത്താണെന്ന് വിചാരിച്ച് നിങ്ങളാരും തെറ്റിദ്രിച്ച് ഞെട്ടിപ്പോകുകയോ ഇളവുകയോ ഒന്നും ചെയ്യല്ലേ സൗരന്മാരെ അപ്പോൾ അവർ ചോദിക്കുക നിങ്ങളുടേതാണെന്നും പറഞ്ഞ് ചിലർ പൗലോസിൻ്റെ ലേഖനമെന്നും പറഞ്ഞ് ചിലർ കൊണ്ടുവന്ന് കൊണ്ടുവരുമല്ലോ അപ്പോൾ പൗലോസ് പറയുക ഇത് തന്നെ അടയാളം ഞാൻ എന്തോ വഴു എൻ്റെ സ്വന്തം ലേഖനമാണെങ്കിൽ ഞാൻ ഒടുവിൽ എൻ്റെ കൈപ്പടയിൽ ഞാൻ രേഖപ്പെടുത്തും പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം ഇത് തന്നെ നിങ്ങൾക്കുള്ള അടയാളം മൂന്നിൻ്റെ പതിനേഴ് രണ്ടത്തെ ശ്ലോണിക്കുക മൂന്നിൻ്റെ പതിനേഴ് പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം ഇങ്ങനെ ഞാൻ എഴുതുന്നു അപ്പം പൗലോസിൻ്റെ എൻ്റെ കൈയ്യാലുള്ള വന്ദനം എന്ന് പറഞ്ഞല്ലെങ്കിൽ പൗലോസ് അത് അവസാനിപ്പിക്കുമ്പം സ്വന്തം കൈകൊണ്ട് തന്നെ ചിലത് വെച്ച് അവിടെ എഴുതി വെക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൗലോസ് എപ്പോഴും ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരു വിധത്തിൽ അവസാനിപ്പിക്കും ചിലർക്ക് ചില കാര്യങ്ങൾ തുടങ്ങാനും അവസാനിപ്പിക്കാനും അവരുടേതായ രീതിയുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ദൈവനാമത്തിന് മഹത്വം എന്ന് പറഞ്ഞു ഒരു സഹോദരൻ തുടങ്ങിയ അദ്ദേഹം പത്ത് കൊല്ലം മുമ്പ് അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മളാരും ആരാ പ്രസവിക്കുന്നതെന്ന് കേട്ടില്ലെങ്കിലും മൈക്കിൽ കൂടി ഇത് കേൾക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വം ഓ അത് ഇന്ന സഹോദരന് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ പോലെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ ആ ഒടുക്കം വായിക്കുമ്പം കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അത് പൗലോസിൻ്റെ ഒരു ഭാഷാരീതിയാണെന്ന് അന്ന് ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് നമ്മളിവിടെ നോക്കുക കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് തെസ്ലോനിക്കർ അവസാനിക്കുന്നത് അതിൻ്റെ ഒന്ന് തെസ്ലോനിക്കർ അവസാനിക്കു നോക്കുക കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ഈ പല ലേഖനങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെയും കൊലോസിയർ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ പൗലോസ് പൗലോസിൻ്റെ ഒരു രീതി അവസാനിപ്പിക്കുമ്പോൾ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ അങ്ങനെ അങ്ങനെ അവസാനിപ്പിച്ച് വരുമ്പം പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കാനിടയായി രണ്ട് തീമത്തി ദിവസം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് എന്ന് എനിക്കൊന്നറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു കാര്യം രണ്ട് തീമത്തി ദിവസം എന്താ തൻ്റെ ഒടുവിലത്തെ ലേഖനം ഒരു വലിയ ഓട്ടം ഓടി തികച്ചും ഇപ്പോഴെന്താ ആ റോമൻ കാരാഗ്രഹത്തിൽ വിശ്രമിക്കുക വിശ്രമിക്കുമ്പോൾ തന്നെ തനിക്കറിയാം എന്തുണ്ട് തൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ പാനീയാകമായിട്ട് ഒഴിക്കപ്പെടാനായിട്ട് പോകുന്നു പൗലോസ് വളരെ വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാൻ ഞാൻ എന്ത് ചെയ്തു എൻ്റെ നിര്യാണകാലം അടുത്തു രണ്ട് തീമത്തിയോസ് നാലിൻ്റെ നാലിൻ്റെ ആറാമത്തെ വാക്യം നോക്കുക എൻ്റെ നിര്യാണകാലവും അടുത്തു എന്നിട്ട് പൗലോസ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് പറയാം ഞാൻ നല്ല പുറമൊരുതു ഓട്ടം തേച്ചു വിശ്വാസം കാത്തു ആ എന്നിട്ട് മുന്നോട്ട് നോക്കിയിട്ട് പറയാം ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു ഞാനിപ്പോൾ പാനീയയാകമായിട്ട് ഒഴിക്കപ്പെടാൻ പോകുന്നു താനൊരു വലിയ ഓട്ടം ഓടിത്തീർത്ത് ഇത്രയും നാൾ എത്രയോ വട്ടം ഈ തീമത്തിയോസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സഭയിൽ അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവരോട് എത്രയോ വട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗങ്ങളിൽ ലേഖനമെഴുത്തുമൊക്കെ ഇതാ അവസാനിക്കുന്നു എൻ്റെ അവസാനത്തെ ലേഖനം എന്ന് പറഞ്ഞ് പൗലോസ് അവസാനത്തെ ലേഖനം അവസാനിപ്പിക്കുമ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ട് എന്തൊക്കെയായാലും പറയും നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ നമ്മുടെ അവസാനത്തെ ലേഖനം എഴുതുന്നതെന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഏഹ് പ്രിയ സൗകര്യമാരെ ഞാനും ഒത്തിരി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് നിങ്ങളെല്ലാം അതെല്ലാം കേട്ടോണം അനുസരിച്ചോണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചൊരു സെൻറ്റിമെൻറ്റലായി പോകും ഒടുവിലത്തെ ലേഖനവും ഇനി എഴുതില്ല എത്രയോ ലേഖനങ്ങൾ എഴുതിയിരിക്കും അവസാനത്തെ ലേഖനം അവസാനം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നടത്തി ആട്ടെ നിങ്ങളെയൊക്കെ ഓർക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കാട് കയറിപ്പോവും പൗലോസ് എന്താ കണ്ടോ രണ്ട് തീമത്തി ദിവസം അവസാനിപ്പിക്കുമ്പോഴും കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ഫുൾ സ്റ്റോപ്പ് എന്തൊരു മനുഷ്യനാണ് മരണത്തെ പേടിയില്ലാത്ത നമ്മളെ പലരെ പോലെ ഒരു വലിയ ആവശ്യമില്ലാത്ത ഒരു സെൻറ്റിമെൻസ് ഇല്ലാത്ത വളരെ ഈ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തതയുള്ള ഒരു മനുഷ്യൻ അവസാനത്തെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ എന്താ എഴുതുന്നത് കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എല്ലാ ലേഖനങ്ങളിലും മിക്കവാറുമുള്ള ഈ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് താൻ എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും അവസാനം അടയാളം പോലെ രേഖപ്പെടുത്തുന്ന കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം തുടങ്ങിയ അവസാനത്തെ പാരഗ്രാഫ് കാണുമ്പോൾ ആളുകൾക്കറിയാം ഇത് പൗലോസിൻ്റെ ഒറിജിനൽ ലേഖനമാണോ അതോ വല്ലവരും പൗലോസിൻ്റെ പേരിൽ എഴുതിക്കൊണ്ടു വന്ന വ്യാജലേഖനമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും നമുക്ക് നമ്മൾ വായി വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം ഒന്ന് കോരിന്തർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ ഒടുവ് അവിടെ വരുമ്പം അവിടെയും എന്തുണ്ട് കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ സ്നേഹമാമേൻ എന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക അങ്ങനെ അവസാനിപ്പിക്കുമ്പം അതിൻ്റെ തൊട്ടുമേളിൽ പൗലോസായ എൻ്റെ കൈയാൽ വന്നനും സാധാരണയുള്ള തൻ്റെ രീതി പൗലോസായ എൻ്റെ കൈയ്യാൽ വന്നനും ആ പാരഗ്രാഫ് മുതൽ എന്തു ചെയ്തിരിക്കാം ഈ തെർത്തോസോ അല്ലെങ്കിൽ ലേഖനം എഴുതിയ ആളോ ആ ആളിൻ്റെ കയ്യിൽ നിന്ന് ഈ എഴുത്തുകോലിങ്ങ് പൗലോസിങ് വാങ്ങിച്ചിട്ട് പൗലോസ് അവസാനത്തെ തൻ്റെ ഒപ്പിടുന്നു അല്ലെങ്കിൽ എൻ്റെ കയ്യാൽ വന്ദനം കൃപദങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ഈ കാര്യം രേഖപ്പെടുത്താനായിട്ടാണ് പൗലോസ് അവിടെ ആളിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചത് പക്ഷേ അങ്ങനെ വാങ്ങിച്ചപ്പം സാധാരണയെന്ന് വ്യത്യാസമായിട്ട് രണ്ട് കാര്യം എഴുതി വെച്ചു അത് പറയാനാണ് പ്രിയപ്പെട്ടവർ ഞാൻ ഇത്രയും നേരം വന്നത് അവിടെ എന്താ പൗലോസായ എൻ്റെ കൈയ്യാൽ വന്നതിന് കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ഈ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി അത് പക്ഷേ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് പൗലോസിൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം ഉദിച്ചു രണ്ട് കാര്യം കൂടി ഇവരോട് പറയണം രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ കൊരുന്നിലുള്ളവരോട് പറയണം ഒന്നെന്താ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മൾ ഇന്ന് കർത്താവിനെ സ്നേഹിക്കാത്തവനേവനെ ശവിക്കപ്പെട്ടവൻ എന്ന് മലയാളത്തിൽ ഒരു നാലഞ്ച് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പൗലോസ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കർത്താവ് വരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം സാധാരണയെന്ന് വ്യത്യാസമായിട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം ഉണ്ടായതുപോലെ ഈ കൊരിന്തർക്ക് രേഖപ്പെടുത്തുന്നത് നമ്മൾ വിചാരിക്കും ഇത്രയും വാക്കുകൾ രേഖപ്പെടുത്തിയോ പക്ഷേ വേദപണ്ഡിതന്മാർ പറയുന്നത് അന്നത്തെ അന്നത്തെ എബ്രായ രീതി അനുസരിച്ച് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനെ ശവിക്കപ്പെട്ടവൻ ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു ആ വാക്ക് അനാഥാമ എന്നൊരു വാക്കുമതി അതുപോലെ നമ്മുടെ കർത്താവ് വെ വേഗം വരുന്നു എന്നുള്ളതിന് അന്ന് എബ്രായ ഭാഷയിൽ ഒരൊറ്റ വാക്കുമതി മാറാനാഥ കണ്ടോ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ നമ്മൾ ഓർത്ത് വെക്കുമ്പോൾ എന്താ പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കൈയാൽ വന്ദനം കൃപഥങ്ങളോടുകൂടെ ഇരിക്കട്ടെ ഇത്രയും മാത്രം പറഞ്ഞാൽ എഴുതി അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷേ അപ്പോൾ പൗലോസിന് ദൈവം ഒരു ബോധ്യം കൊടുത്തു പോരാ പോരാ പോരാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീ രണ്ടു കാര്യം നീ രേഖപ്പെടുത്തണം എന്തൊക്കെയാ അനാഥാ മാറാ നാഥ അനാഥാമ മാറുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ അനാഥാമെന്ന് പറഞ്ഞാൽ എന്താ അനാഥാമ അനാഥാമെന്നു വെച്ചാൽ കർത്താവിനെ സ്നേഹിക്കുകയാണ് വേണ്ടത് കർത്താവിനെ സ്നേഹിക്കണം സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ കണ്ടോ വളരെ ഗൗരവമുള്ള കാര്യമാണ് അനാഥാമ ശവിക്കപ്പെട്ടവൻ അനാഥാമെന്നുള്ള വാക്ക് വേറെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഒന്ന് കോരി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ അവിടെ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ആരും യേശു അനാഥാമ എന്ന് പറയുകയില്ല ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നില്ല പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലും അനാഥാമ എന്നൊരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും ഗലാത്തിയർ ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ ഇതാ നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിനും വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ അനാഥാമ അവൻ ശവിക്കപ്പെട്ടവൻ കണ്ടോ ശവിക്കപ്പെട്ടവൻ നമ്മൾ ആരേലും കേൾക്കാൻ താല്പര്യമുള്ളൊരു വാക്കാണോ ഇത് ശവിക്കപ്പെട്ടവൻ ആ പൗലോസിനെപ്പോലൊരാൾ കയറി ഇങ്ങനെയൊക്കെ പറയാമോ ശവിക്കപ്പെട്ടവൻ ഏ നല്ല നല്ല വാക്കുകളൊക്കെ അല്ലേ വരേണ്ടത് പ്രിയപ്പെട്ടവരെ ദൈവം കൊടുത്ത ബോധ്യത്തിൽ പൗലോസിൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അനാഥാമ യേശുവിനെ കർത്താവ് എന്ന് ആ നിലയിൽ എടുക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ താനെ ശപിക്കപ്പെട്ടവൻ അനാഥാമ എന്ന് കാര്യങ്ങൾ താനെ പലപ്പോഴും പറയാറുണ്ട് ഇവിടെ ഇതാ ഒന്ന് കൊരിഞ്ചർ പതിനാറിലേക്ക് വരുമ്പോൾ പതിനാറിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം എന്താണ് അനാഥാമ കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശമിക്കപ്പെട്ടവൻ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ശാപകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഈ കാര്യത്തിൽ പങ്കാളിത്തമില്ല ശമിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് പറയുന്ന ആ വാക്കുകളുടെ പ്രതിധ്വനിയാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ദൈവികമായി ഈ സത്യങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് പറഞ്ഞു വിടുന്നത് പോലെ പിശാചിനോ അവൻ്റെ കൂട്ടർക്ക് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ശമിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞു വിടുന്നത് പോലെ ഈ കാര്യങ്ങളിലേക്ക് അടുത്ത് വന്നാലും നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ അതിശാവയോഗ്യവും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണു പോകുന്നതിന് ഒരു കാര്യമാണ് അത്ര ഒരു കാര്യം കൊരിന്തിലുള്ളവരോട് അറിയിക്കണം എന്ന പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാവും പൗലോസ ആ കാര്യം എടുത്തു പറഞ്ഞത് കൊരിന്തല്ലെ ഒന്ന് കൊരിന്ത നമുക്കറിയാം അവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊരിന്തെന്ന പട്ടണത്തിൻ്റെ ആ സ്വഭാവം ഒക്കെ അവിടെയുള്ള ചിലരെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില വിശ്വാസികൾ അവിടെ ഉണ്ട് ജീവിത വിശുദ്ധി ഇല്ലാത്ത ആളുകളുണ്ട് അവരോടൊക്കെ വളരെ കർശനമായിട്ടാണ് ഈ ഒന്ന് കൊരിന്തൽ പലയിടത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയൊക്കെ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഒടുവിൽ പൗലോസ ലേഖനം അവസാനിപ്പിക്കുമ്പോഴും പറയുക ഞാൻ കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഗൗരവമുള്ള ഒരു കാര്യം പറയാം നിങ്ങൾ സഭയെ കൂടി നടന്നുകൊണ്ടൊന്നും അങ്ങ് ചെല്ലുമെന്ന് വിചാരിക്കല്ലേ നമ്മുടേതായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഏഹ് നിങ്ങൾ ദശാംശം കൊണ്ടുവന്ന് ആ പെട്ടിയിൽ ആരും കാണാതെ ഇട്ടു എന്ന് പറഞ്ഞത് കാര്യമല്ല ശരിയായി എന്ന് വിചാരിക്കരുത് ചോറ് വിളമ്പുമ്പം നിങ്ങളാണ് അത് പാവപ്പെട്ട ഒരാൾക്ക് എടുത്തു കൊടുത്തത് വിചാരിച്ച് അതിൻ്റെ കെയർ അങ്ങ് ചെന്ന് ചേരാം എന്ന് വിചാരിക്കരുത് ഞാൻ നമ്മുടെ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് പറയുകയാണ് ഒരു കാര്യവും അങ്ങനെയുള്ള ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു കാര്യം കൊ എന്തില്ല ര ര ര ര ര രക്ഷില്ല മറിച്ച് എന്ത് വേണം കർത്താവിനോടുള്ള സ്നേഹം അതാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാം ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ചിന്തിച്ചത് കർത്താവിനോടുള്ള സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം മുമ്പാകെ വില വരുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹത്താൽ ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമുക്കറിയാമല്ലോ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ കാര്യത്തിന് ഊഷ്മളത നൽകുന്നത് എന്താ സ്നേഹമാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം തന്നെ നോക്കുക ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നു ഭാര്യ എന്താ ഭാര്യയെല്ലാം വളരെ ചിട്ടയായിട്ട് ചെയ്യുന്നു വന്ന ഉടനെ ചൂട് ചായ കൊണ്ടുവന്ന് വെക്കുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം എടുത്തു വെക്കുന്നു എല്ലാ കാര്യങ്ങളും കുളിക്കാൻ വെള്ളം ചൂടാക്കിയിടുന്നു എല്ലാം അദ്ദേഹത്തെ വളരെ ശുശ്രൂഷിക്കുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചിട്ടയായിട്ട് ചെയ്യുന്നു പക്ഷേ ഒരു വാക്ക് സംസാരിക്കുന്നില്ല ഉള്ളിൽ സ്നേഹമില്ല പിണങ്ങി നിന്നോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഭർത്താവിന് ഈ ഈ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ ഇവളിതിനു പകരം വല്ല വിഷവും കലക്കി തന്നാൽ മതിയായിരുന്നു ഏഹ് ചായ കൊണ്ടുവച്ചേക്കുന്നു ഉള്ളിൽ സ്നേഹമില്ലാതെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടെന്താ കാര്യം ഇതല്ലേ ഒരു ഭർത്താവ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക പ്രിയപ്പെട്ടവർ നമ്മുടെ ഉള്ളിലുള്ള ദൈവോന്മുഖമായ വികാരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാനാണ് ഞാൻ വന്നത് പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതുന്ന ഒരു കാലഘട്ടമായി ഇന്ന് ആ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ വർഷത്തിൽ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ നടത്തണം ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തണം അല്ലെങ്കിൽ മലബാറിൽ പോയി ഒരു എന്താ ഒരു ട്രാക്റ്റ് വിതരണം നടത്തണം ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല ഇതൊക്കെ വേണ്ടതാണ് ചായ കൊണ്ടു വയ്ക്കേണ്ടത് ശരിയല്ലേ വേണ്ടതാണ് ചൂടുവെള്ളം വേണ്ടേ വേണം എല്ലാം ശരിയാണ് പക്ഷേ ഇത് അടിസ്ഥാനപരമായ ഒരു വികാരത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചില്ലെങ്കിൽ ഇതിനൊന്നും എന്തില്ല യാതൊരു പ്രസക്തിയുമില്ല കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളിലേക്ക് വന്നു നാളെ കഴിയുമോറും കർത്താവിനോടുള്ള സ്നേഹം അടുപ്പം നമുക്ക് വർദ്ധിച്ചു വരുന്നുണ്ടോ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം രണ്ടാമത് ഇവിടെ അനാഥാമ എന്ന വാക്കു മാത്രമല്ല മറ്റൊരു വാക്കുകൂടെ നമ്മളവിടെ കാണുന്നു ഇതെന്താ മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു നമ്മുടെ കർത്താവ് വരുന്നു രണ്ട് വാക്ക് പൗലോസ് അവിടെ രേഖപ്പെടുത്തി അതിനുശേഷം എൻ്റെ സ്നേഹം ആമേ എന്നൊക്കെ പറഞ്ഞ് ഉപ്പുവൊക്കെ ഇട്ട് ലേഖനം അവസാനിപ്പിക്കുക ഈ ലേഖനവുമായിട്ട് ഒരാൾ കുരുന്ദസഭയെ വന്ന കാര്യം നമ്മളൊന്നും ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ സങ്കല്പിക്കാനൊക്കെ വളരെ കഴിവുള്ള ആളുകളാണല്ലോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഇതെങ്ങനെയായിരിക്കും കുരുന്തസഭയെ കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ പോലെ എന്തില്ല തപാൽ സർവീസ് ഇല്ല ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല ഏതെങ്കിലും ഒരാൾ ഒരു നൂതൻ വശം ഈ ലേഖനം കൊടുത്തയക്കുക ഈ ലേഖനം ഒരു പക്ഷേ ഒരു ചർമ്മലിഖിതമാകാം ഒരു അന്നത്തെ തോലിൽ എഴുതിയതാകാം അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഇതിൽ എഴുതി കൊണ്ടുവന്ന ലേഖനമാകാം ഏതായാലും ആ ലേഖനവുമായിട്ട് വരുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഒരാൾ കഷ്ടപ്പെട്ട് അത് എടുത്തുകൊണ്ട് വേണം വരാൻ വന്നു കഴിഞ്ഞപ്പം അന്ന് ഞായറാഴ്ച കൊരിന്തലുള്ളവരെല്ലാം കൂടെ സഭയെ കൂടിയപ്പം അവർക്കൊരു സന്തോഷവാർത്തയുണ്ട് എന്താ ഇന്ന് പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരൻ പൗലോസിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട് പൗലോസിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട് കൊച്ചു ലേഖനം ഒന്നുമില്ല രണ്ടുമൂന്നും അത്യായം ഒന്നുമില്ല പതിനാറ് അത്യായമുള്ള വലിയ ലേഖനമാണ് അവിടുത്തെ മൂപ്പന്മാർ പറഞ്ഞു കാണും എല്ലാവർക്കും വലിയ സന്തോഷമായി സാധാരണ അവിടുത്തെ മൂപ്പന്മാരെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവർ പോവുകയായിരിക്കും രീതി ഇന്നെന്തുണ്ട് ഇന്ന് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്നെന്തുണ്ട് ഇന്ന് പൗലോസിൻ്റെ ലേഖനം വന്നിട്ടുണ്ട് പൗലോസിനോട് ഇവർക്കെല്ലാം സ്നേഹോഷ്മളമായ ഒരു ബന്ധമാവുള്ളത് നിങ്ങൾ നിങ്ങൾ ഓർക്കണം ഈ കൊരിന്തലേഖനം നിങ്ങൾ വായിച്ച് നോക്കുക ഓരോരുത്തർത്തൊക്കെ പൗലോസ് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് എന്താ വളരെ ഗൗരവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വലുതും ആയിരുന്നെങ്കിൽ അന്നേരമേ പിണങ്ങി ആ ഈ പരിപാടി വേണ്ട എനിക്ക് സി വേണ്ട എൻ്റെ പുസ്തകവും എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോകാം വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയത്തക്കവണ്ണം ഗൗരവമുള്ള കാര്യമാണ് പൗലോസ് ചിലരോട് പറയുന്നത് അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവനെ പുറത്താക്കിക്കളാം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയാനൊക്കെ പൗലോസിൻ്റെ എന്താ അധികാരം അധികാരം അപ്പോസ്തോലികമായ ഒരു അധികാരമാണ് തന്നാൽ സ്ഥാപിക്കപ്പെട്ട സഭ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു താൻ അവരുടെ മുമ്പിൽ ഒരു ജീവിതമാതൃക കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികാരത്തോടെ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നത് അത് പറയുമ്പം അതിൻ്റെ പിന്നിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് കുരുന്തലുള്ളവർ അവരാരും എന്തു ചെയ്തില്ല പണങ്ങി പോവുകയല്ല ഇവിടെത്തന്നെ നമ്മൾ എത്രയും ഗൗരവമുള്ള ചില കാര്യങ്ങൾ പറയും എന്നാലും പിന്നെ ഞാൻ പിറ്റേ ഞായറാഴ്ച ആവുമ്പോഴും സൗകര്യന്മാരെല്ലാം ഒന്നും സംഭവിക്കാത്ത പോലെ സൗകര്യമാരും എല്ലാം വരും ഞാൻ വിചാരിച്ചു ഇവരേനും എന്താ പണങ്ങി പോകാത്ത നമുക്കറിയാം ഇതൊന്നും നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ളതല്ല നമ്മുടെ നിത്യതയെ ഉദ്ദേശിച്ചുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗൗരവമുള്ള വാക്കുകളാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മളാരും ഇതിൻ്റെ പിന്നെ മുമ്പിൽ ഇടറിപ്പോകാതെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ കുരുന്തല ഉള്ളവരെല്ലാം വന്നപ്പോൾ എന്തുണ്ട് ഇന്ന് പൗലോസിൻ്റെ ലേഖനമുണ്ട് എല്ലാവർക്കും സന്തോഷമായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന പൗലോസ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സഭയ്ക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അയച്ചിട്ടുണ്ടാവും ആ അതൊക്കെ ഇന്ന് വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര നേരം അവരെടുത്തു ഇത് വായിക്കാൻ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ പുറലോകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറേ ജനങ്ങൾ അവർക്ക് ഈ ആത്മീയ കാര്യങ്ങളല്ലാതെ വേറെ താല്പര്യങ്ങളില്ല അപ്പോൾ പൗലോസിനെ ഒരാളുടെ ലേഖനം വന്നപ്പോൾ അത് കേൾക്കാനും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും ഒക്കെ അവർ തയ്യാറാകും അവർ വന്നപ്പം ഈ ലേഖനവുമായിട്ട് വന്ന ആൾ അത് അത് ഒരു പക്ഷേ ഞാൻ എൻ്റെ സങ്കല്പത്തിൽ പറയുകയാണ് ഞാനെൻ്റെ ഭാവനയിൽ പറയുക അതവിടെ അങ്ങ് നൂർത്തിട്ടു ഹോളിൽ അങ്ങ് നൂർത്തിട്ടു ഈ ലേഖനം അങ്ങ് നിവർത്തിട്ടു നിവർത്തിട്ടപ്പോൾ എല്ലാവരും സൗകര്യമാരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും എല്ലാം ഇടാ പൗലോസിൻ്റെ ലേഖനം വന്നിട്ടുണ്ട് നോക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പം പ്രിയപ്പെട്ടവർ രണ്ട് വാക്കുകൾ അവരുടെ കണ്ണിൽ തറയ്ക്കും എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്നു വെച്ചാൽ ഗലാത്തർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പൗലോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം നമുക്ക് കാണാൻ നോക്കും ഗലാത്തിൽ ലേഖനം ആറാം അധ്യായം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഈ ഗലാത്യലേഖനത്തെക്കുറിച്ച് പറയുന്നത് ഗലാത്യലേഖനത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒടുവിലത്തെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നത് മാത്രമല്ല ഏതാണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ ഒരു ഒരു രണ്ടോ മൂന്നോ വാക്യങ്ങൾ മുതൽ ആറു വരെയുള്ള ആറാം അധ്യായം തീരുന്നത് വരെയുള്ള വാക്യങ്ങൾ പൗലോസ് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി എന്നാണ് പാരമ്പര്യം പറയുന്നത് അതിൻ്റെ കാരണം എനിക്കറിയില്ല ഏതായാലും അങ്ങനെ എഴുതി പൗലോസ് സ്വന്തം കൈകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കാതെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി എഴുതി എഴുതി വന്നപ്പം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യമായപ്പം പൗലോസ് തന്നെ താൻ എഴുതിയതൊന്ന് നോക്കിയപ്പം കണ്ടു നേരത്തെ എഴുതിയതിനേക്കാളും വലിയ അക്ഷരത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു വലിയ അക്ഷരമാണ് പൗലോസിൻ്റെ കൈപ്പട എന്തായിരുന്നു വലിയ വലിയ അക്ഷരത്തിലെ പുള്ളിക്കാരനെ എഴുതാനൊക്കെ ഉള്ളായിരുന്നു ഏയ് ബ്രദർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പല പല കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൂടെ വരിക പൗലോസ് പറയുന്നു ഞാൻ സ്വന്തം കൈ കൊണ്ട് എഴുതുമ്പോൾ എന്താണ് വലിയ അക്ഷരമാണ് എന്തുകൊണ്ടായിരിക്കണം സ്വന്തം കൈ കൊണ്ട് എഴുതുമ്പോൾ പൗലോസൻ്റെ കൈപ്പട വലുതായിപ്പോയത് നമുക്കറിഞ്ഞുകൂടാ എങ്കിലും നമുക്കുള്ള വേദപരിചയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ദൈവവചനത്തിൻ്റെ ആ സത്യങ്ങൾക്ക് വിപരീതമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെടുത്ത് അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് നല്ലതാണ് നമ്മൾ പൗലോസൻ്റെ ജീവിതം നോക്കുക പൗലോസ് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് അപ്പോസിൽ പൗർത്തി ഒൻപതാമധ്യായ എന്താ താന് ഡെമസ്കോസിൻ്റെ പടിവാതക്കൾ വെച്ച് പെട്ടെന്നൊരു പെട്ടെന്നൊരു വെളിച്ചം അവനെ ചുറ്റിമിന്നി അവനെ വീണു മൂന്ന് ദിവസം കണ്ണ് കാണാതിരുന്നു കണ്ണ് കാണാതിരുന്നു പിന്നെ അനന്യാ വന്ന് പ്രാർത്ഥിച്ചു കണ്ണ് കണ്ടു എന്ന് പറഞ്ഞാലും പൗലോസിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ ഈ ഡമസ്കോസിലെ ആ സംഭവമായിരിക്കാം ഇത്രയും വലിയ തേജസ് സ്വർഗീയ തേജസ്സിൻ്റെ മുമ്പാകെ താൻ നിഷ്പ്രഭനായിട്ട് വീണു പിന്നീട് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞാലും എത്രയെല്ലാം കാഴ്ച കിട്ടിയിട്ടും തനിക്ക് ഒരു സാധാരണ കാഴ്ച കിട്ടിയില്ല ഇതിങ്ങനെ പറയുന്നതിന് എന്നെ കാര്യം വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു ഈ ഭാഗങ്ങളൊന്നും വായിക്കാൻ എനിക്ക് സമയമില്ല അപ്പോൾ പൗലോസിൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് ഈ സഹോദരന്മാർക്ക് അത്രയും സ്നേഹമാണ് നിങ്ങൾ എന്തോ ചെയ്തതിനേം എൻ്റെ ഈ കണ്ണിന് പകരം നിങ്ങളുടെ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തന്നേനെ അത്രയും സ്നേഹമുള്ളവരാ നിങ്ങളെന്ന് എനിക്കറിയാം മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു എൻ്റെ ജഡം സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായ പരീക്ഷ അത് പൗലോസിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇന്നും വേദപണ്ഡിതന്മാരുടെ ഇടയിലെ ഡിബേറ്റാണ് എങ്കിലും അതിലെ കുറേ പേര് പറയുന്നത് ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവായിരുന്നെന്നാണ് പറയുന്നത് കണ്ണിന് വലിയ കാഴ്ചയില്ലാത്ത ഒരു ദൈവദാസൻ ഇവിടെ വന്നിരുന്ന അദ്ദേഹം പല നമുക്ക് നമുക്ക് പല വിധത്തിൽ നമുക്ക് ഭാരം വരും അല്ലേ പൗലോസ് പറയുന്നു രണ്ട് കൊരിന്തരൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ പന്ത്രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ഞാൻ എനിക്കൊരു ശൂലമാണ് അത് ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി എനിക്കുണ്ടായതാണ് അതെന്താണെന്ന് താനവിടെ പറയുന്നില്ല എന്താ കാര്യം എന്തായിരുന്നു ആ ശൂലം സാത്താൻ്റെ ദൂതനാണ് അത് മാറിപ്പോണമെന്ന് താൻ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു അതിൻ്റെ പന്ത്രണ്ടിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളൊക്കെയാണ് പക്ഷേ ഒടുവിൽ കർത്താവ് പറഞ്ഞു അത് മാറ്റിത്തരുന്നില്ല പകരം എന്തോ തരാം കൃപ തരാം ആ ബലഹീനത എങ്ങനെ ഇരുന്നോട്ടെ ഒരുപക്ഷെ കണ്ണിൻ്റെ കാഴ്ചക്കുറവാകാം വേറെ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്താ എന്തായാലും നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗത്തോട് ചേർത്ത് നമുക്കിങ്ങനെ പറയാം പൗലോസ് എഴുതുമ്പം പൗലോസ് എന്താ ആയിരുന്നു വലിയ അക്ഷരത്തിലായി എഴുതുന്നത് കണ്ണ് കാണാത്ത ആളുകൾ എഴുതുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ണിന് കാഴ്ച കുറവുള്ളവർ എഴുതുമ്പോൾ എന്താ അവരെപ്പോഴും ഇച്ചിരി കൂടെ വലിയ അക്ഷരത്തിലേ എഴുതുകയുള്ളൂ കേൾവി കുറവുള്ള ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ വലിയ ഇടി പുഴകുന്ന പോലെയാണ് സംസാരിക്കുന്നത് അവർക്കത് മനസ്സിലാക്കിയില്ല അവരുടെ കേൾവി പോയിരിക്കുക അതുകൊണ്ട് അവർ അവരുടെ നോർമൽ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് വലുതായിട്ട് തോന്നും ഇതാണൊരു രീതി പ്രിയപ്പെട്ടവരെ കണ്ണും കാതുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഒരു രീതി അപ്പോൾ ഒരു പക്ഷേ പൗലോസനുണ്ടായിരുന്ന ഈ കാഴ്ചക്കുറവ് അദ്ദേഹം ലേഖനം എഴുതുമ്പം അത് വലിയ അക്ഷരമായി പോകുമായിരുന്നു എന്നുള്ളത് ഇത്രയും പശ്ചാത്തലത്തിൽ നിന്നെടുത്തിട്ട് നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ഭാവന പറഞ്ഞ കൊരിന്തു സഭയെ കൊണ്ടുവന്ന് ഈ ലേഖനം എല്ലാവർക്കും കാണത്തക്കവണ്ണം വിരിച്ചിട്ട രംഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം അവിടെ വരുമ്പോൾ എന്താ ഇവരെല്ലാവരും ഈ ലേഖനം കാണാനായിട്ട് ഇങ്ങനെ ചുറ്റുപാടും നടക്കുക നടക്കുമ്പം തെർത്തോസോ ആരെങ്കിലുമൊക്കെ എഴുതിയെങ്കിൽ അവരൊക്കെ ആ സ്ക്രൈബുകൾക്കൊക്കെയുള്ള പരിശീലനം എന്താ ഈ ചർമ്മലി ലിഖിതങ്ങളൊക്കെ വിലയുള്ളത് ആവശ്യമില്ലാതെ അത് പാഴാക്കരുത് അതുകൊണ്ട് വളരെ നോർമലായ അക്ഷരത്തിലാണ് അവരൊക്കെ എഴുതുന്നത് സാധാരണ അക്ഷരത്തിലാണ് എഴുതുന്നത് അങ്ങനെ സാധാരണ അക്ഷരത്തിൽ ഇതെല്ലാം എഴുതി എഴുതി എഴുതി കിടക്കുന്നു പെട്ടെന്ന് ഈ നടന്നു പോകുന്ന ആളുകൾ നോക്കുമ്പോൾ രണ്ട് വാക്കുകൾ വളരെ വലിയ അക്ഷരത്തിൽ കാണാം എന്താ അനാഥാമ മാറാനാഥ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലും ഇതൊരു വലിയ അക്ഷരത്തിൽ വരണം എന്നാൽ കാര്യങ്ങൾ വ്യത്യാസമാകുവാർ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാം ബൈബിളിനെ സംബന്ധിച്ച് ഏഹ് ചില ആളുകൾ ചോദിക്കും സഭ ബ്രതറെ എന്താ ചിന്തിക്കുന്നത് സഭ മഹോദരവത്തിലൂടെ കടക്കുമോ അതോ മഹോദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമോ മൂന്നര വർഷം നമ്മൾ മേഘത്തിലായിരിക്കും അത് കഴിഞ്ഞാണോ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ പൊന്നുടേത് നമുക്ക് വലിയ താല്പര്യമില്ല എങ്ങനായാലും അങ്ങ് ചെന്ന് ചേർന്നാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് തലനാരിഴ കീറി ഇതിൽ ഒരു പങ്കിൽ നിൽക്കുന്നതിനേക്കാളൊക്കെ എന്താ എന്താ വേണ്ടത് എപ്പോഴും വലിയ അക്ഷരത്തിൽ രണ്ട് കാര്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഒന്ന് അനാഥാമ ഇതെല്ലാം നമ്മൾ പറഞ്ഞേച്ച് കർത്താവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശവിക്കപ്പെട്ടവൻ ശവിക്കപ്പെട്ടവൻ അനാഥാമ അനാഥാമ ഓ അന്ന് ആ ലേഖനം കണ്ട ആളുകൾ ഒരുപക്ഷെ അതിൻ്റെ വായിച്ച കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ നിൽക്കുകയില്ല ഒരു പത്ത് കൊല്ലം കഴിഞ്ഞല്ലേ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു അവരിൽ ചിലരുടെ ഓർമ്മയിൽ നിൽക്കുന്നത് എന്താ അയ്യോ ഞാനന്ന് ആ ലേഖനം കണ്ടപ്പം രണ്ട് വാക്ക് പൗലൂസ് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടിരുന്നു അനാഥാമ നമുക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ നില ഈ നിലയിൽ ഈ കാര്യങ്ങളെ എടുക്കാം കർത്താവിനെ സ്നേഹിക്കുക കർത്താവിനെ സ്നേഹിക്കുക നമ്മളതിൻ്റെ എങ്ങനെയാണ് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ ഇന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നോക്കാം യോഹനാൻ്റെ സുശേഷം പതിനാലാമധ്യായം അവിടെ കർത്താവ് തന്നെ പറയുക അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും ഇരുപത്തൊന്നാമത്തെ വാക്യം എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനേ ശമിക്കപ്പെട്ടവൻ എന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും ഓ അതെനിക്ക് വേണ്ടിയുള്ള കാര്യമൊന്നുമല്ല ഞാനാരാ ഞാൻ കർത്താവിനെ സ്നേഹിച്ച് വലിയ ഞങ്ങളുടെ തോമാ ലീഹ വന്ന കാലത്തെ കുടുംബമായിരുന്നു അതുമൊക്കെ വിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിച്ചിറങ്ങി ആ എത്രയോ ദൂരം യാത്ര ചെയ്തൊക്കെയാ സഭായോഗത്തിന് സംബന്ധിക്കാൻ എത്തുന്നത് എന്നെല്ലാം നമുക്കൊത്തിരി ഒത്തിരി ഒത്തിരി ചിന്തകളുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ പ്രിയപ്പെട്ടവർ ഈ കർത്താവിനെ സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മൾ ഈ സ്നേഹമെന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വികാരം വികാരമായിട്ടാണ് നമ്മൾ കാണുക വികാരം സ്നേഹിക്കുന്നു നമ്മളാളിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വലിയൊരു സന്തോഷമുണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ തിളങ്ങുന്നു ഒരു വികാരത്തെക്കുറിച്ചാണ് പലപ്പോഴും സ്നേഹസ്നേഹമെന്ന് പറയുന്നത് എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ ഒരു മറുവശം ഒന്ന് നോക്കാം ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു ജോലി കഴിഞ്ഞ് വന്നു അദ്ദേഹത്തിന് എന്ത് വേണം ചൂട് ചായ വേണം പക്ഷേ ഭാര്യ ഭാര്യ ചായ വെക്കുന്നില്ല അദ്ദേഹത്തിന് കുളിക്കാൻ ചൂടുവെള്ളം വേണം ചൂടുവെള്ളം വെക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കുന്നു നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലേ അപ്പോൾ ഭാര്യ പറഞ്ഞു അയ്യോ എനിക്കോ എൻ്റെ ഹൃദയം എന്നറിയാൻ നിങ്ങളോടുള്ള സ്നേഹം അങ്ങ് തിങ്ങി വിങ്ങി ഭർത്താവ് എന്താ പറയുക നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും ഞാനിവിടെ വന്നിട്ട് ഒരു മണിക്കൂറാണ് ഇതേ വരെ ഒരു ചായ തരണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ എന്തോ സ്നേഹമാണ് അപ്പം സ്നേഹം എന്ത് വേണം മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എതിരായ ഒരു ഭാഗമാണ് പറയുന്നത് എന്താ സ്നേഹമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് തിങ്ങി വിങ്ങി നിൽക്കുന്ന എന്തോ ഒരു വികാരമാണെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല സ്നേഹമുണ്ടെങ്കിൽ അതെന്തിൽ വരും അത് കാണാവുന്ന ചില കാര്യങ്ങളിലേക്ക് വരും നാം സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വരും യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചിലിവിടെ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ പറയാം കർത്താവ് തന്നെ കർത്താവിൻ്റെ സ്വന്തം വാക്യങ്ങൾ വാക്കുകളാണേ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയാം നിങ്ങളെൻ്റെ കൽപ്പനയെ കാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട് കൽപ്പനയെ കാക്കുന്നില്ല കൽപ്പനയെ അനുസരിക്കുന്നില്ല എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് പാട്ട് പാടുമ്പോൾ എനിക്ക് കണ്ണ് നിറയും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണീരിങ്ങനെ രണ്ട് കണ്ണിൽ നിന്ന് ഒലിച്ചു വരും ഈ കണ്ടോ ഇത്ര ഞാൻ കർത്താവ് ഇല്ല ഇല്ല കർത്താവ് കബിളിപ്പിക്കപ്പെടുകയില്ല കർത്താവ് പറയും അതൊന്നുമല്ല നീ സ്നേഹിക്കുന്നെന്നുള്ള എൻ്റെ തെളിവെന്താ എൻ്റെ കൽപ്പനയെ കാത്തോ അതാ ഞാൻ നോക്കുന്നത് പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കുക നമുക്ക് ഒരു മീറ്റിങ്ങിൽ വന്ന് മീറ്റിങ്ങിൽ വന്ന് അവിടെ പാട്ടൊക്കെ പാടുമ്പോൾ വലിയ സന്തോഷമൊക്കെ ഉണ്ട് കർത്താവിനായിട്ട് ജീവിക്കുമെന്നെല്ലാം പറഞ്ഞേച്ച് മീറ്റിങ്ങിന് പുറത്ത് കൽപ്പനയനുസരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിന് എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് തകരാറുണ്ട് കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വാക്യത്തിലേക്ക് വരുമ്പോൾ സ്നേഹം സ്നേഹമെന്ന് പറയുന്നത് കേവലം ഒരു വികാരം മാത്രമല്ല അതൊരു അതൊരു നിലപാടും ഒരു ഇച്ഛയുമാണ് കൽപ്പന അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അനുസരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് തീരുമാനമാണ് എപ്പോഴും ഒരു തീരുമാനത്തിലാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത് അതായത് ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ കർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കും അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ വികാരം നേരെ തിരിച്ച് ഒരുപക്ഷെ എനിക്ക് വിഷമമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഞാൻ വിചാരിച്ച പോലെ മറുപടി തന്നില്ല എൻ്റെ വികാരത്തിൽ എനിക്കിപ്പോൾ അവനോട് പ പഴയ ഇതൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ എന്തോ ചെയ്യും ഞാൻ എൻ്റെ ഇച്ഛ വെച്ച് സ്നേഹിക്കും ഇച്ഛ വെച്ച് സ്നേഹിക്കുക അങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ടോ ഇച്ഛയിലാണ് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു എനിക്കിതിൽ നിന്ന് മാറിക്കൂടാ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരട്ടെ ഞാൻ എന്ത് ചെയ്യേല എൻ്റെ കർത്താവിനെ വിട്ടു പോവുകയില്ല ഒരു പഴയ നീ ഭക്തന ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ നീ എന്നെ കൊന്നാലും ഞാൻ ഇതിനെക്കായിട്ട് കാത്തിരിക്കും അതെന്നാ എന്നാ പറിച്ചില്ല അയ്യോ ബാദ് പറഞ്ഞത് മക്കളെല്ലാം ഒന്നൊന്നായിട്ട് മരിച്ചു ഭാര്യ ഉണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു നിങ്ങളിപ്പോഴും ഈ ഇപ്പഴേ ഒരുതരം ഭക്തിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറെ വല്ല പണി നോക്കും മനുഷ്യനെയെന്ന് പറഞ്ഞു എന്നാ സോ സമാധാനമായിട്ട് വീട്ടിലിരിക്കാമെന്ന് വെച്ചാൽ എന്താ ദേഹം മുഴുവൻ നിറുകെ മുതൽ ഉള്ളംകാലി വരെ ചൊറിച്ചില്ല ആരെയും കാണാൻ വന്നാലോ ആളുകളുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു രൂപമല്ല ഈ ചൊറിച്ചിലും വേറെ എന്തെങ്കിലും ആട്ടെ വേറെന്തേലും കൊള്ളാവുന്ന ജല അസുഖങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതെന്തോ അസുഖമാണ് മൂന്ന് സ്വേതന്മാർ വന്നു ഇത് കണ്ടെച്ച് മൂന്ന് ദിവസം മിണ്ടായിരുന്നു മൂന്നാണോ ഏഴാണോ എത്ര ദിവസം ആ അത്രയും നേരം മിണ്ടാതിരുന്നു സ്തപ്തരായിട്ട് ഇരുന്ന് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞേച്ച് യോവിനെ നമ്മൾ വിളിച്ച ഒരു ഇൻ്റർവ്യൂ ചെയ് സുഹൃത്തേ അയ്യോബേ നിങ്ങളെന്തേ പറയുന്നു കർത്താവിനെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങളെന്താ പറയുന്നത് അയോവിനൊന്നേ പറയാനുള്ളൂ അവനെന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും ഏതിൽ നിന്നാണ് അത് വന്നത് ഇച്ഛയിൽ നിന്നാണ് വന്നത് തീരുമാനത്തിൽ നിന്നാണ് വന്നു പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരെൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുണ്ട് നിങ്ങളിവിടെ വരുന്നു കാര്യങ്ങളെല്ലാം ഉണ്ട് നാളെ നിങ്ങൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകും ഈ ഒരു കാര്യം മുറുകെ പിടിക്കാമോ ഞാൻ എൻ്റെ ഇച്ഛ വെച്ചാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു കൂടിവരമുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളുമൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കാം കർത്താവിനായിട്ട് ജീവിക്കാമെന്നാണെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല മറിച്ച് എന്താ മറിച്ച് നമ്മളുടെ ഇച്ഛ വെച്ച് കാര്യങ്ങൾ പ്രതികൂലമായാലും എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ഞാൻ അവനായിട്ട് ജീവിക്കും വികാരത്തിന് മുമ്പ് പോകേണ്ട ഒരു കാര്യമാണ് ഇച്ഛ ഇത് പറയുമ്പം ഈ സ്നേഹത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വികാരമൊന്നുമില്ലേ എന്ന് ചോദിക്കും വികാരമുണ്ട് വികാരം എങ്ങനെ വരും വികാരമിച്ഛയുടെ പുറകിലാണ് വരുന്നത് നമ്മൾ തന്നെ ഈ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഈ ചെറുക്കൻ മലബാറിയിൽ നിന്നൊരു ചെറുക്കന് തിരുവനന്തപുരത്തു നിന്നൊരു പങ്കൊച്ച് നമ്മൾ ഈ കൊച്ചിനെയും അവിടെ നിർത്തിവെച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തേച്ച് ഇന്ന് മുതൽ നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞിച്ച് പോകുമ്പോൾ ഇവരെങ്ങനാണ് സ്നേഹിക്കാൻ നോക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കാൻ നോക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെയാണ് സ്നേഹിക്കുന്നത് സ്നേഹമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു തോന്നലാണ് പ്രിയപ്പെട്ടവരെ നമ്മളത് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഒരു തീരുമാനത്തിൽ നമ്മൾ തുടങ്ങി വികാരം അതിൻ്റെ പുറകെ വന്നു അതാണ് സംഭവിക്കുന്നത് ഈ മലബാറിലുള്ള ചെറുപ്പക്കാരനും തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയും കൈ കൊടുത്ത് എന്താ പറയുന്നത് ഇന്നു മുതൽ നിങ്ങളെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് തന്നു എന്ന് ഞാൻ ദൈവവും പാകം ഉറച്ചിരിക്കുന്നു ഞാൻ ഇന്നു സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഓ രോഗത്തിലും ഒരോഗതയിലും എല്ലാ രംഗത്തും ദൈവം നമുക്ക് തരുന്ന ഏത് ഘട്ടത്തിലും നിങ്ങളെ മാത്രം സ്നേഹിച്ചും സേവിച്ചും ഓ ഒരു തീരുമാനമാ ഒരു പ്രഖ്യാപനമാ ഒരു സത്യപ്രതിജ്ഞ എടുക്കുന്ന പോലൊരു പരിപാടിയാ അവിടെ എന്തില്ല വലിയ വികാരമൊന്നുമില്ല ഇച്ഛയുടെ ഒരു നിലപാടാ പക്ഷേ അങ്ങനെ ഒരു ഇച്ഛയുടെ നിലപാടിൽ വിവാഹിതരായ ചെറുപ്പക്കാർ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിവരെ വീട്ടിൽ വിളിച്ച് ഒരു ഭക്ഷണത്തിനായിട്ട് വരുമ്പോൾ എന്തുവാ ആ അന്ന് കല്യാണത്തിനെ നടന്ന് ഇവരെ രണ്ടുപേരെയും തമ്മി ഒരു പരിചയമില്ലാത്തവരെ പോലെ നിന്ന് ഇവർ രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷമായിട്ടും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുക ഈ വികാരം എവിടെ വന്നു ഒരു തീരുമാനത്തിൻ്റെ പുറകെ വന്നതാണ് വികാരം ഞാൻ എനിക്കായിട്ട് ദൈവം നിശ്ചയിച്ച എൻ്റെ ജീവിത ഞാൻ എന്തെല്ലാം വന്നാലും സുഖമായാലും ദുഃഖമായാലും ഈ ജീവിത പങ്കാളിയോട് മാത്രം ചേർന്നിരിക്കും എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനത്തെ തുടർന്ന് അവർ രണ്ടുപേരും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് തമ്മിൽ പിരിയാനൊക്കാത്തവണ്ണം വികാരപരമായ സ്നേഹം വന്നു പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളെങ്ങനെ ഇങ്ങനെ ചിന്തിക്കാം ഒന്ന് നമ്മൾ ഇച്ഛ വച്ച് ദൈവത്തെ സ്നേഹിക്കണം അപ്പം തന്നെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വികാരം വരും ഞാൻ മുമ്പേ കണ്ണുനനയിലൊക്കെ ഏതാണ്ടോ കുഴപ്പം പിടിച്ച കാര്യം പോലെ പറഞ്ഞത് പക്ഷേ ഈ കണ്ണുനനയിൽ വേണ്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഗൽഗതം വേണ്ടേ അതൊക്കെ വരും അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതല്ല ഈ ഇച്ഛ വെച്ച് കർത്താവിനായിട്ട് ജീവിക്കുമ്പം അതിനെ തുടർന്ന് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വ കാണുമ്പം നമ്മുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടാകുന്നത് പോലെ സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നാലെ വരേണ്ട ഒരു കാര്യമാണ് വികാരം ആ ഇരുപത്തി ഒന്നാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കണ്ടോ എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവൻ അവിടെ എന്തോ വേണം അവിടെ വേറൊരു ചെറിയ കാര്യം പറയുന്നുണ്ട് എൻ്റെ കൽപ്പന കൽപ്പന പ്രമാണിക്കും പക്ഷെ ഇവിടെ ആ പതിനഞ്ചാം വാക്യത്തിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ചെറിയ വാക്കുകൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട് എൻ്റെ കൽപ്പന ലഭിച്ചു പ്രമാണിക്കുന്നവൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ കർത്താവിനായിട്ട് ജീവിക്കണം കർത്താവിൻ്റെ കൽപ്പന എങ്ങനെ അനുസരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബൈബിളിൽ നിന്നുള്ള ബോധ്യമുണ്ട് എന്നാൽ ചില രംഗങ്ങളിൽ നമുക്കെന്ത് വേണം നമുക്ക് ഈ ബൈബിളിൽ എഴു അന്നേരം പോയി പുസ്തകം എടുത്ത് തുറന്നു നോക്കാനായിട്ട് നോക്കുകയില്ല അന്നേരം എന്താ ദൈവത്തോടുള്ളൊരു സ്പർശതയുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് എന്താണ് നീ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിനക്കൊരു കൽപ്പന ലഭിക്കും കൽപ്പന ലഭിച്ചു കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടെ ഞാൻ സംസാരിക്കുകയാണോ വേണ്ടത് അതോ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് ഇവിടെ ഞാൻ ഒരു മഠനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ അങ്ങ് വീട്ടിൽ പോകുകയാണോ വേണ്ടത് അതോ ഇതിനെതിരെ ഗൗരവമായിട്ട് നിൽക്കുകയാണോ വേണ്ടത് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാം പക്ഷേ ഇവിടെ എന്താ വാക്യം എന്താ കൽപ്പന നമുക്ക് ലഭിക്കും ലഭിക്കും കൽപ്പന ഓരോ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് സ്നേഹോഷ്മളമായ ഒരു ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ മകനെ നീ ഇത് ചെയ്താൽ മതി കൽപ്പന ലഭിച്ച് ലഭിക്കുമ്പോൾ അത് പ്രമാണിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു നമുക്കിതെല്ലാം പറയാനായിട്ടുള്ള സമയമില്ലല്ലോ നമുക്ക് രണ്ടാമത്തെ കാര്യം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം അപ്പോൾ ഇവർ ഈ ലേഖനം വായി കണ്ടപ്പോൾ എന്താ ആദ്യം ഇവരുടെ ഇവരുടെ ദൃഷ്ടിയിൽ വരുന്നത് അനാഥാമ എന്നൊരു വാക്കാണ് രണ്ടാമതൊരു വാക്കുമുണ്ടല്ലോ അതെന്താ മാറാനാഥ മാറാ നാഥ മാറാനാഥന്നുള്ള വാക്ക് താരതമ്യേനെ നമുക്കെല്ലാം അറിയാവുന്ന വാക്കാണ് എന്താ പലരും കത്തൊക്കെ എഴുതുമ്പോൾ ഇന്നും പല ക്രിസ്തീയ പ്രവർത്തകരും ഒക്കെ മാറാനാഥ എന്നൊരു ഒരു വാക്ക് എഴുതിയിട്ട കത്തുകളൊക്കെ എഴുതുന്നു മാറാ നമ്മുടെ കർത്താവ് വരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ രണ്ട് പേര് തമ്മി കാണുമ്പോൾ അവരുടെ വന്ദന രീതി ഗുഡ് മോർണിംഗ് ആയിരുന്നില്ല നമസ്കാരം ആയിരുന്നില്ല മറിച്ച് എന്താ മാറാ നാഥ നമ്മുടെ കർത്താവ് വരുന്നു അന്നവർ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഏഹ് ഗുഹകളിലും ഒക്കെ ഉഴന്ന് നടക്കുകയും പുറലോകത്ത് നിന്ന് ഒറ്റപ്പെടുകയും ക്രിസ്ത്യാനി എന്നതുകൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതെന്താ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവ് വരും നമ്മളെന്നൊന്നും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരികയല്ല കർത്താവ് വരും കർത്താവ് വന്നാൽ എന്തോ ചെയ്യും അവൻ താൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ച് കളയും നമ്മുടെ ഇന്നത്തെ ദുഃഖങ്ങൾ തീരും ഓ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് ആഹ്ലാദകരമായ ഒരു പ്രതീക്ഷയായിരുന്നു ഇന്നോ ഇന്ന് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടി വന്നിരിക്കുന്ന നമുക്കോ നാളെ കർത്താവ് വരുന്നു എന്ന് നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടിയെന്നിരിക്കട്ടെ ഇന്നെല്ലാം നമ്മൾ ആശ ഒത്തിരി ഭാവനകളാണ് പറയുന്നത് അങ്ങനൊരു കത്ത് കിട്ടിയെന്നിരിക്കട്ടെ നിങ്ങളെല്ലാവരും പ്രേസലോ കർത്താവ് നാളെ വരുന്നു സന്തോഷം എന്ന് പറഞ്ഞ് അതിൽ ഉത്സാഹമാണോ അതോ കർത്താവേ നാളെ വരണ്ട ഞാൻ നെല്ല് ഞാൻ മറ്റേ സാധനം അവിടുന്ന് ഇത് വാങ്ങി ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ അത് അടുത്ത ചന്തയിൽ അതിന് എത്ര വില കിട്ടുമെന്നൂടെ നോക്കിയിട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞ് വന്ന അല്ലേ ചെറുക്കൻ്റെ വിസയുടെ കാര്യം എന്തോ ആയെന്നു കൊണ്ടൊന്ന് അറിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യത്യാസ വ്യത്യസ്തരായി എന്താ പറ്റി നമുക്കിന്ന് പീഡനങ്ങളില്ല നമ്മളെ എല്ലാവരും എന്താ കൈയുടെ വെള്ളയെ കൊണ്ട് കിടക്കുക ഓ കർത്താവിൻ്റെ വില വഴിയിലൊക്കെ ഇറങ്ങിയാലും പീഡനമൊന്നുമില്ല നമുക്ക് ഈ ലോകം വളരെ സുഖകരമാണ് സന്തോഷമാണ് ഈ ലോകത്ത് കുറച്ച് നാളുകൂടെ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം അന്നേരമാണ് കർത്താവ് വരുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ കർത്താവ് ഇപ്പോഴേ വരണ്ട പ്രിയപ്പെട്ടവരെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചിടത്തോളം മാറാനാഥ കർത്താവ് വരുന്നു എന്നാൽ തന്നെയല്ല മാറാ നാഥ എന്നുള്ളത് മാറാൻ ആഥ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ ദ ലോഡ് ഈസ് കമ്മിങ് എന്നാണ് മാറാനാഥയെങ്കിൽ മാറാൻ ആഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദ ലോഡ് ഹാസ് കം കർത്താവ് വന്നിരിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഓ ഈ പ പൗലോസ് അത് എഴുതിയത് ഒരു പക്ഷേ മാറാൻ ആധാന്നായിരിക്കാം ഹാസ് കം കർത്താവ് വന്നിരിക്കുന്നു കർത്താവ് വന്നിരിക്കുന്നു കണ്ടോ വരും വരും വരും എന്ന് പറഞ്ഞ് ഒരു വെറുതെ ഒരു പ്രതീക്ഷയല്ല വന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ സന്തോഷത്തോടെ സന്തോഷത്തോടെ അതിനായിട്ട് തയ്യാറെടുത്തു അതുകൊണ്ടാണ് പൗലോസ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഏ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമം എന്തോ സ്വർഗ്ഗത്തിലോട്ട് പോകും മേഘങ്ങളെടുക്കപ്പെടും അല്ലാതെ നമ്മളിതെല്ലാം പ്ര പ്രസംഗിച്ച് നമ്മുടെ കാലമെല്ലാം കഴിഞ്ഞ് ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചവരെല്ലാം അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കർത്താവ് വരുമെന്നല്ല പറഞ്ഞ് മറിച്ച് എന്താ പൗലോസും അന്ന് സഭയിലുണ്ടോ ഉള്ളവരും വിചാരിച്ചിരുന്നത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരും മരിച്ചവരും ഉയർക്കും മരിച്ചവരക്ഷയായിട്ട് ഉയർക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമും അവനെ എതിരേൽക്കേണ്ടതിന് തേജസ്കരിക്കപ്പെടും പ്രിയപ്പെട്ടവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് ആ നിലയിൽ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണോ അതോ അതിനേക്കാളും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലോകത്തുണ്ടോ നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുണ്ടല്ലോ കർത്തൃമേശയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊഞ്ചേർ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ വായിക്കാറുള്ള വാക്യങ്ങളിൽ വരുമ്പം അവിടെ എന്താ കർത്താവ് വരുവോളം കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് വരുവോളം അപ്പം ഈ കർത്തനുവേശ എവിടെ വരേ ഉള്ളൂ കർത്താവ് വന്നു കഴിഞ്ഞപ്പിൻ്റെ കർത്തനേശയില്ല കർത്തമേശയില്ല യഥാർത്ഥ സഭയിലില്ല കർത്താവിൻ്റെ വരവിനെയാണ് ഇതറിയിക്കുന്നത് രണ്ട് അയോഗ്യമായി ഇതിൽ നിന്ന് കഴിക്കുന്നവൻ അപ്പോൾ യോഗ്യതയുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ രണ്ട് കാര്യവും ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട് അനാഥാമയാണോ നീ കർത്താവിനെ സ്നേഹിക്കാതെ ശവിക്കപ്പെട്ടവനാണോ അതോ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ഈ അപ്പത്തിലേക്ക് കൈനീട്ടുമ്പോൾ നീ യോഗ്യതയോടെയാണോ ഭക്ഷിക്കുന്നത് യോഗ്യത എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ രണ്ട് കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് വരും വരും വരും വരും വരവിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും കേവലം ചില ആശയത്തിലല്ല കൊണ്ടുവന്നു വെച്ചേക്കുന്നു നമുക്കറിയാവുന്ന വാക്യം ഒന്നിയോഹന്നാൻ മൂന്നിൻ്റെ മൂന്ന് കർത്താവിൻ്റെ വരവ് എന്നുള്ള കാര്യം നമുക്ക് തരേണ്ട ബോധ്യമെന്താ ഒന്നിയോഹന്നാൻ മൂന്നിൻ്റെ മൂന്ന് അവനിലീ പ്രത്യാശയുള്ളവൻ ഏത് ഏത് പ്രത്യാശയുള്ളവൻ അവൻ പ്രത്യക്ഷനാകും അതിൻ്റെ മോളി പറയുന്നത് പ്രിയമുള്ളവനെ അവൻ ഇതുവരെ പ്രത്യക്ഷനായിട്ടില്ല അവൻ പ്രത്യക്ഷനാകും അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനോട് സദൃശ്യന്മാരാകും അവനിലീ പ്രത്യാശയുള്ളവനെല്ലാം എന്തു ചെയ്യും തന്നെത്താൻ നിർമ്മലീകരിക്കും അപ്പോൾ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നിർമ്മലതയിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് കല്പനകളുടെ അനുസരണത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നതിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് ഈ അനാഥാമയും മാറാനാഥയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളോടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ദൈവസ്ഥലത്തിൽ എഴുന്നേറ്റ് നോക്കാം